അവർ അവരുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ അവരെ മാന്യമായി നിലനിർത്തുകയോ അല്ലെങ്കിൽ മാന്യമായി വേർപിരിയുകയോ ചെയ്യുക നിങ്ങളിൽ നിന്ന് നീതിമാന്മാരായ രണ്ടുപേരെ സാക്ഷികളാക്കുക അള്ളാഹുസുബഹാനുഭൂവത്ത ആളായെ സാക്ഷിയാക്കി സാക്ഷ്യം നൽകുക അള്ളാഹുസുബഹാനുഭൂവത്ത ആളാവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്നു ആരെങ്കിലും അല്ലാഹുസുബഹാനുഭൂവത്ത ആളായ സൂക്ഷിച്ചാൽ അവൻ അവനൊരു വഴിയുണ്ടാക്കിക്കൊടുക്കും